േഫിറ്റമീപം അപ്രമേയ തസ്വാൻ മധ്യസ്വഭവ നിത്യസ് ശരീരണ ഇമേലുള്ള അന്ധബന്ധവുക്ത തസ്മാ വളരെ സ്പഷ്ടമാണ് നേരിട്ടർത്ഥം പറയാം പ്രമേയമായ അനാശയായ നശിക്കാത്തതായ പ്രമേയമാകാത്തതായ നിത്യമായ ശരീരമാവിന്റെ ഇമയദേഹ ഈ ദേഹങ്ങളെല്ലാം അന്തവന്ത നശിക്കുന്നവയാണ് തസ്മ അതുകൊണ്ട് യുദ്ധം ചെയ്യുന്നു അതെന്ത് രാമാനുജാചാര് വ്യക്തം പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാൻ വേണ്ടി എന്നത് ശങ്കരാചാര്യ എന്ന് പറയുന്നത് ഒരു പ്രധാനമായ സിദ്ധാന്തം ആണ് നമുക്ക് പറഞ്ഞാണെങ്കിലൊന്ന് ഓർക്കാൻ വേണ്ടി ശങ്കരാചാര്യെന്ന് പറയുന്നത് ഇവിടെ വ്യാഖ്യാനത്തിന് വരുന്നതാണ് ആത്മാവിനും എങ്ങനെയാണ് ശ്രദ്ധി അപ്പോൾ മീമാംസര് പറയുന്നതിന് നിഷേധിക്കും മീമാംസെന്ന് പറയുന്നത് അജ്ഞാതാർത്ഥ ജ്ഞാപകം എന്നുവെച്ചാൽ അജ്ഞാതമായ ഒരു കാര്യത്തെ ബോധിപ്പിക്കുന്ന രീതിയിലാണ് ഈ ശ്രുതിക്രമാണമെന്ന് വ്യക്തമായി പറഞ്ഞാൽ ഇപ്പോൾ സ്വർഗത്തിന് യാഗം കാരണമാണെന്നുള്ള കാര്യം അത് പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ ഒരു പ്രമാണത്തിലൂടെയും നമുക്കറിയാൻ കഴിയും അജ്ഞാതമാണ് അജ്ഞാതമായ അർത്ഥമാണ് അജ്ഞാതമായൊരു വിഷയമാണ് എങ്ങനെയായി യാഗജീവിതാസുബം കിട്ടുമ്പോൾ ഈ തമ്മിലുള്ള കാര്യങ്ങളും യാഥാർത്ഥം അതിനെ ബോധിപ്പിക്കുന്നതാണ് ശ്രുതി വേദം അങ്ങനെയാണ് ശ്രുതി പ്രമാണോ മീമാംസ്പം ജീവിക്കണം അതിനെ ശക്തമായി നിഷേധിക്കുന്ന ആളാണ് സങ്കരം പറയുന്ന എന്താണ് ഇവിടെ ഈ ഭാഷ ശ്രുതി അങ്ങനെയല്ല പ്രമാണമാണ് അജ്ഞാതാർത്ഥ ജ്ഞാപകത്വേനല്ല അതധർമ്മാധ്യായ നിവർത്തകത്വേന പല ഭാഗത്തും പറയുന്നതാണ് ആത്മാവിൽ ിച്ചിരിക്കുന്ന അനാത്മ പദാർത്ഥങ്ങള് ദേഹേന്ദ്രിയദികള് പ്രപഞ്ചം ഇതിനെയെല്ലാം നിവർത്തിക്കുന്നതിലൂടെയാണ് ശ്രുതി പ്രമാണമായി നല്ല ശ്രുതി നമ്മളെ ബോധിപ്പിക്കുന്ന എന്താണ് ആത്മാവ് നിത്യമാണ് ശരീരത്തിൽ കൽപ്പിതമാണ് അതെങ്ങനെ പറയുന്നത് സ്വപ്നത്തിൽ കൽപ്പിക്കുന്നതുപോലെ മായായി മായ കൊണ്ട് കൽപ്പിക്കുന്നതുപോലെയൊക്കെ കൽപ്പിതമാണ് ശരീരം ഇന്ദ്രിയം പ്രപഞ്ചം എന്നും നമ്മളെ ബോധിപ്പിച്ചുകൊണ്ട് അതിനെ നിഷേധിക്കുന്നു നിവർത്തിപ്പിക്കുന്നു അപ്പൊ ശ്രുതി പ്രമാണമാകുന്നത് ഈ അനാത്മ ധർമ്മങ്ങളെ നിവർത്തിപ്പിച്ചുകൊണ്ടാണ് ഇതാണ് കൊണ്ടുവരുന്ന ഒരു പ്രധാനമായ സിദ്ധാന്തം ഇത് പിന്നീട് പ്രസ്ഥാനത്തെ ഭാഷത്വമാകും അജ്ഞാതമായ ആത്മാവ് അജ്ഞാതമായ ഒരു വസ്തുവാണ് അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗം യാഗം ഇപ്പൊ യാഗം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് പറയുമ്പോൾ നമുക്ക് അജ്ഞാതമായൊരു കാര്യമാണ് നമുക്കറിയില്ല വേദം അതിനെ നിങ്ങൾ യാഗം ചെയ്യും സ്വർഗം കിട്ടും അത്രയച്ച അജ്ഞാതമാണ് ആത്മാവജ്ഞാതമായ ഒരു വസ്തു എന്തുകൊണ്ട് അനുഭാഷനം പറയുന്നത് ശ്രുതി പ്രമാണമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപരോക്ഷമാണ് സുപ്രകാശമായ വസ്തുവാണ് സ്വയം പ്രത്യക്ഷമായിരിക്കുന്ന വസ്തുവാണ് അത് അജ്ഞാനം പിന്നെ നമുക്കെന്താ വേണ്ടത് ഇതിനുള്ള ആരോപങ്ങളെ നിവർത്തിക്കുക അദ്ദേഹം നിവൃത്തി തുടങ്ങിയ കാര്യങ്ങൾ അതിനെ നിഷേധിക്കുക നിവർത്തിക്കുക ആ ഒരു ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നതാണ് ശുദ്ധം അല്ലാതെ അജ്ഞാനം ആത്മാവ് അജ്ഞാതമാണെങ്കിൽ ശരി അജ്ഞാതമായിരിക്കും നമുക്ക് അറിയാൻ വയ്യാത്ത ആത്മാവിനെ വേദം ബോധിപ്പിക്കുന്നു എന്ന് പറയാൻ അങ്ങനെ അല്ല ആത്മാവ് ആർക്കും അജ്ഞാതമാണ് എന്താണ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അത്വീതികളുടെ അടിസ്ഥാനം അതിന്റെ അടിസ്ഥാന ശരിയെന്നു അതിനി ഇതിൻ്റെ ഭാഷയൊക്കെ സംവിധായം പറയുന്നു എന്നുള്ളത് എന്ന ഇവിടെ അപ്രമേയം എന്ന് പറയുന്ന കാര്യത്തിൽ സമയത്ത് രാമാനുജന്റെ സമയത്ത് ചർച്ച ചെയ്തതാണ് അവിടെ പറഞ്ഞു ആത്മാവ് അറിയുന്നവനാണ് ഇതിനെ മസൂരസതി വ്യാഖ്യാനിക്കുന്നതും അദ്വൈതികൾ അറിഞ്ഞിരിക്കുന്ന കാര്യമാണ് അത് മത്സൂന സരസ്വതി അവരുടെ അടുത്തും വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് അദ്വൈതസിൽ സിദ്ധാന്ത ബിന്ദ്ര പറയുന്ന കാര്യങ്ങൾ ഇവിടെ മസൂര സരസ്വതി അതായത് ഈ പ്രമാതാവ് എന്ന് പറയുന്ന എന്താണ് അപ്രമാതാവാണ് എന്തെന്നറിയണമെങ്കിൽ ആദ്യം സാക്ഷി എന്താണ് ആത്മാവ് സാക്ഷ്യം സാക്ഷി എന്ന് പറയുന്നത് എന്താണ് അതായത് ഭാഷകാരുടെ സാക്ഷി എന്ന് പറയുന്ന സെപ്റ്റംബറിൽ പക്ഷെ ഇതുപോലെ ഉദാഹരണത്തിലൂടെയൊക്കെ പറയും ഒരു കേസിൽ വാദിയും പ്രതിയും മൂന്നാമ സാക്ഷിയാണ് വാദിയുള്ള പ്രതിയല്ല ഇതുപോലെയൊക്കെ സാക്ഷി എന്ന് പറയും അങ്ങനെ ആത്മാവിശ്രമത്തിന് സാക്ഷിയായി എന്നെല്ലാം പറയും അത് പറയുന്നുണ്ട് അത് സാക്ഷി എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ആത്മാവ് അവിദ്യ എന്ന് പറയുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നത് അപ്പോഴാണ് സാക്ഷി അവിദ്യ ഉപഹിതമായ ചെയ്തത് എന്ന് പറഞ്ഞാൽ അവിദ്യയാകുന്ന ഉപാധിയുക്തമായിരിക്കുന്ന അത് വ്യക്തമായ അത് ഒരു മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി പ്രക്രിയ വിചാരീതി അനുസരിച്ച് ആചരിക്കുന്നു ഇതാണ് പിന്നെ പിൽക്കാലത്ത് വന്ന എല്ലാവരും പിന്തുടരുന്നത് മസൂർ സരസ്വതിക്ക് ശേഷം വന്ന എല്ലാവരും ഇത് തന്നെ അദ്വൈത സമ്പ്രദായത്തിലെ വളരെ പ്രാമാണികനായ ആചാര്യനാണ് മസൂർ എന്ന സരസ്വതി പിൽക്കാലത്ത് നിന്നിട്ടുള്ള അവിദ്യ എന്ന് പറയുന്ന ഉപാഹ്യോടുകൂടിയിരിക്കുന്ന ചൈതന്യമാണ് സാക്ഷ്യം പ്രമാതാവ് എന്ന് പറഞ്ഞാലോ വൃത്തിയോടുകൂടിയിരിക്കുന്ന അന്തഃക്കം അതുപാഹ്യായിരിക്കുന്നത് അതാണ് വ്യത്യാസം വൃത്തിയോടുകൂടിയിരിക്കുന്ന അന്ധകരണം ഉപാധിയോടുകൂടിയിരിക്കുന്ന ചൈതന്യമാണ് പ്രമാത പ്രമാതാമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറിയുന്നവൻ എന്നാണ് പ്രമാതാവിന്റെ അർത്ഥം അന്ധക്കരണത്തെ അന്ധക്കരണത്തിന്റെ വൃത്തികൾ സുഖദുഃഖങ്ങൾ അന്ധക്കരണത്തിലൂടെ പദാർത്ഥങ്ങൾ ഇവരൊക്കെ അറിയുന്നവനാണ് പ്രമാതാവ് അപ്പോ ഈ ആത്മചൈതന്യം നിർഗുണമായിരിക്കുന്ന ആത്മചൈതന്യത്തിന് എങ്ങനെ വിഷയങ്ങളെ അറിയാൻ പറ്റും ചൈതന്യം നിർഗുണമാണ് അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ പന്ത് വേണ്ടിയിരിക്കുന്നത് പ്രമാദവരെ സ്വീകരിക്കുന്നത് പന്തക്കർമ്മ എന്ന് പറയുന്ന ഒരു ഉപാധി ഈ ചൈതന്യത്തിൽ വരുമ്പോൾ അത് പ്രമാദ അറിയുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ട് അവരെ അതായത് പന്തക്കർമ്മ പരിണമിക്കുന്ന ആളാണ് പരിണാമത്തിനാണ് വൃത്തി എന്ന് പറയുന്നത് അതിൽ അക്ഷരേന്ദ്രിയവും വിഷയവുമായിട്ട് സംബന്ധമുണ്ടാകുമ്പോ പുസ്തകവുമായിട്ട് സംബന്ധമുണ്ടാവുമ്പോ രാക്ഷസ തൃപ്തി കണ്ണുകൊണ്ട വസ്തുക്കൾ കാണുമ്പോ നമ്മുടെ എന്തൊക്കെ ആ ഇന്ദ്രിയോടൊപ്പം കണ്ണിലൂടെയായി പുറത്തേക്ക് സഞ്ചരിച്ച് പുസ്തകത്തിലെത്തി പുസ്തകത്തിന്റെ രൂപത്തിൽ വ്യാപിച്ച് പുസ്തകാഹാരത്തിൽ പ്രണമിച്ചിട്ട് അവിടെ ഉപാധികളെല്ലാം ഒന്നാണ് ചുരുങ്ങി പറയുന്നത് അതിനെക്കുറിച്ച് വിശദമായി വേദാന്ത പരിഭാഷയിൽ മറ്റും വിശദീകരിക്കും ഒന്നായി തീരുമ്പോൾ ചൈതന്യം പുസ്തകത്തെ അറിയിക്കുന്നു ഉള്ളിലിരിക്കുന്ന ആ നിർഗൂണമായ ചൈതന്യം അന്ധക്കരണ വിശിഷ്ടനായി അന്ധക്കരണ വിശിഷ്ടനായി പുറമേ വരുന്ന അതിനെ അറിയുന്നു എന്നാണ് ഈ സാക്ഷിയാണെങ്കിലോ സാക്ഷി എന്ന് പറയുന്നത് അന്ധകരണത്തെ അറിയുന്നു ആണ് സാക്ഷിയുടെ അതുകൊണ്ട് അതിനെയൊക്കെ സാക്ഷിഭാസ്യം എന്ന് പറയും അതിനൊരു പ്രമാദിൻ്റെ ആവശ്യമാണ് സാക്ഷിയുടെ മുമ്പിൽ അതൊക്കെ നിൽക്കുന്നു അതിനെ അറിയുന്നു സുഹൃക്ക അറിയുന്നു ആന്തരികമായ ഒന്നിനെ അറിയുന്നതിന് പ്രമാതാവിന്റെ ആവശ്യം ഈ അന്ധക്കരണ വിശിഷ്ടമായ ചൈതന്യത്തിന്റെ ആവശ്യം പിന്നെ ഇക്കാര്യത്തിലൊക്കെ പലർക്കും വർക്ക് വ്യത്യാസങ്ങളുണ്ട് ഉപാധിയാക്കുന്ന അവിദ്യയാണോ അതോ അന്ധകരണമാണോ ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട് എന്ധവിധകളിൽ തന്നെ അത് മാറ്റിവെച്ചിട്ട് സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന സാക്ഷി അവിദ്യ അനുപാധിയാവുമ്പോൾ അത് അന്ധകരണത്തെയും അന്ധകരണ പ്രതികളെയും സ്വതുക്കാതെയും എല്ലാം പ്രകാശിപ്പിച്ചു അതാണ് സാക്ഷി ഭാസി എന്ന് പറയും ഈ ശരീരം അതിന് വൃത്തിപരിണാമം എന്ന് പറയുന്ന ഒന്ന് ആവശ്യമുണ്ട് സാക്ഷിക്ക് വൃത്തിയുടെ ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ള കാര്യം തർക്കമാണ് എന്തായാലും സാക്ഷിക്ക് അന്തക്കെട്ട വൃത്തിയുടെ ആവശ്യമില്ല വിഷയങ്ങളെ അറിയാൻ എന്നാ വിദ്യാവൃത്തിയുടെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്ന അദ്വീതികളുണ്ട് അത് നിങ്ങൾ അദ്വീതത്തിലെ പഠിച്ചാൽ മനസ്സിലാവും അതിനൊന്നും ഇന്ന് യാതൊരു പ്രസക്തിയില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഇത്തരം ചർച്ചകൾക്കൊന്നും യാതൊരു മൂല്യമില്ല കാരണം പ്രത്യക്ഷം അങ്ങനെ ഉണ്ടാകുന്നു ഇന്നത്തെ മനുഷ്യർ നിങ്ങളുടെ ബോധം ഉള്ളിലിരിക്കുന്ന അന്ധകരണം ചക്ഷിരേന്ദ്രത്തിലൂടെ ഇറങ്ങി പുറത്തുപോയി വിഷയത്തെ വ്യാപിച്ച് അങ്ങനെയൊന്നും ഇല്ല ഉണ്ടാവും മുൻപും പറഞ്ഞിട്ടുണ്ടല്ലോ ഓർമ്മിപ്പിക്കുക അപ്പം ഒരു കാലഘട്ടത്തിൽ മനുഷ്യനും ബോധമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ബോധമില്ലാതിരുന്നതെന്ന് വെച്ചാൽ ആധുനികമായ വിജ്ഞാനം ഇല്ലാതിരുന്ന കാലത്തിൽ അവർ ഭാവനയിലൂടെ കണ്ടെത്തിയായിരുന്നു അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് ഞാൻ തർപ്പിച്ചു പറയുന്നു വിമർശിക്കുന്നവർ വിമർശനം തുടരുക ഈ ഞാൻ ഈ പറയുന്നതൊക്കെ ചിലത് വളരെ ചെവി കുർപ്പിച്ചിരുന്ന് കേൾക്കുന്നുണ്ട് ഓൺലൈനും അല്ലാതെ എന്നെ അടിക്കാൻ എന്തെങ്കിലും ഒരു വടി നീന്തോന്ന് കൊറേ കാലം കൊണ്ട് ഇവരെന്നെ അടിയുന്നുണ്ട് പെരുമ്പാമ്പിനെ പോലെ അടിച്ചറുന്ന ഏക്കത്തില്ല അടിച്ചു കൊല്ലത്തില്ല വീർത്തുകൊണ്ടേ പഴയകാലത്ത് ബോധമില്ലാതെ ഇതൊക്കെ എഴുതി വെച്ചാൽ എന്ത് ബോധമില്ല അവർക്കും ബോധം ഉണ്ടായിരുന്നു അവരുടെ കാലഘട്ടത്തിന്റെ ബോധം എപ്പോഴും അങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ബോധം എന്ന് പറയുന്നത് നാളെ നമ്മുടെ ബോധമില്ലായ്മയാണെന്നും ഭാവി തലമുറ പറയും എന്തുകൊണ്ട് നമ്മുടെ ബോധം ഈ കാലത്തിന്റെ ബോധമാണ് നമ്മള നാളെ നമ്മളും ബോധമില്ലാത്തവരാണ് ഇതിങ്ങനൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെയൊന്നുമല്ല പ്രത്യക്ഷം ഉണ്ടാവുന്നു പക്ഷെ അദ്വൈതത്തിന് നിർഗുണമായ പരമാത്മാവിനെ സ്വീകരിക്കുമ്പോൾ എങ്ങനെ ബോധമുണ്ടാവും അതിനവർ പോലെ സമാധാനം കണ്ടെത്തിയേവോ എങ്ങനെ സമാധാനം കണ്ടെത്തുന്നു അന്ന് ഒബ്സർവേഷൻ എവിഡൻസ് ഇതൊന്നുമില്ല അപ്പോ അവരോട് ചിന്തിച്ചു ഭാവന നല്ലതാണ് ശാസ്ത്രത്തിന്റെ എല്ലാ പ്രഡിക്ഷൻസും ഉണ്ടാകുന്ന ഭാവനയിലൂടെയാണ് ഭാവന മോശമായ കാര്യമല്ല ഒന്നാമതൊരു സാഹിത്യകൃതി ഉണ്ടാകുന്ന ഭാവനയിലൂടെയാണ് പക്ഷെ ഭാവനയെ നമുക്ക് എപ്പോഴും അങ്ങോട്ട് ഒരു ഒബ്ജക്റ്റീവ് കൃത്തായിട്ട് എടുക്കാൻ പറ്റും വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമായിട്ട് എപ്പോഴും എടുക്കാൻ പറ്റും അതുകൊണ്ട് എന്താണ് മനസ്സനുസരിച്ചിട്ട് ഇവിടുത്തെ ആ വ്യാഖ്യാനം പഴയകാലത്തെ ഒരു വ്യാഖ്യാനമാണെന്ന് ഇങ്ങനെയൊക്കെ മനുഷ്യൻ ചിന്തിരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മളിത് മനസ്സിലാക്കാവുന്നതാണ് കാരണം ഈ ചോദ്യങ്ങൾ വരുമ്പം ഒരു സമാധാനം പറഞ്ഞേ പറ്റും അത് എല്ലാവർക്കും നമ്മുടെ ഇവിടെയുള്ള ചിന്തകന്മാര് മാത്രമല്ല പാശ്ചാത്യ ചിന്തകന്മാര് ഇത്തരം പ്രശ്നങ്ങൾ അസമസ്യകളൊരു ആയിരത്തി അറുന്നൂറ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ് റിനെ ലക്കാർത്ഥി അതിന്റെ ഒരു ചിന്തകനല്ല ആധുനിക ശാസ്ത്രത്തിന്റെ പിറ്റാവുന്ന അദ്ദേഹത്തിന് ശേഷി മൈൻഡ് ഡ്യുവാലിറ്റി ബോഡി മൈൻഡ് പ്രോബ്ലം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഈ ദാർശനിക ലോകത്ത് ചർച്ച ചെയ്തത് കൂടുതലായിട്ട് കാര്യമായിട്ട് ചർച്ച ചെയ്തത് ഇതക്കാർത്തക്ക് ശേഷം പശ്ചാത്തലം നമ്മുടെ ഇവിടെയല്ല ഇവിടെ മുമ്പും ചർച്ച ചെയ്തു ഈ അദ്വീതികളെ പോലെ ഒരു നിലപാടാണ് പോലീസ് അതായത് ോഡി പ്രപഞ്ചം എന്നത് തികച്ചും വ്യത്യസ്തമാണ് മൈൻഡ് അതിൻ്റെതല്ല ഒരു എസൻസാണ് സോൾ നമ്മൾ പറയുന്ന ആത്മാവ് ഇത് തികച്ചും വ്യത്യസ്തമാണ് ഭാഷകാരം പറയുന്നത് പോലെ എന്താണ് തമപ്രകാശവും വിരുദ്ധ സ്വഭാവയോഗവും ഇതേപോലെ പറയും അതിനാണ് ബോഡിയും ക്യുവാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ആത്മാന അതുപോലെ ദുഃഖാർത്ഥ ഇതിനെങ്ങനെ രസീകരിച്ചേരുന്നതിന് വേണ്ടി കഥ അങ്ങനെയൊന്ന് വേണം ശരീരം നശിച്ചാലും നശിക്കാത്ത ഒരു മൈൻഡിൽ എന്തിന് മരിച്ചതിന് ശേഷം സ്വർഗത്വവും അപ്പൊ എന്തിനാ സ്വർഗത്തോന്നും വിശ്വസിച്ചിരുന്നത് ഈ മനുഷ്യൻ ഈ ലോകത്ത് സത്പ്രവൃത്തികളൊക്കെ ചെയ്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ സ്വർഗമെന്ന് പറയുന്ന ഒരു ആശയം മുറിവെച്ചോളൂ അപ്പം നല്ല പ്രവൃത്തികൾ ചെയ്താൽ സ്വർഗത്ത് പോകും അപ്പം നല്ല പ്രവർത്തികൾ വേണമെങ്കിൽ അവർ സ്വർഗത്വം പോകും സ്വർഗത്ത് പോകണമെങ്കിൽ എന്ത് വേണം ഈ ശരീരം നശിച്ചാലും നശിക്കാത്ത ഒരു മൈൻഡ് വേണം ഇതാരുടെ ബുദ്ധിയാണ് നമ്മുടെ പുഴയെ മീമാംസിലെ ബുദ്ധിയാണ് അതേ ബുദ്ധി കാലത്തെ ആയിരത്തി അറുന്നൂറ് കോടി പറഞ്ഞതിൽ മീമാംസ ഒരു പത്തിരണ്ടായിരം വർഷം മുമ്പേ പറയാൻ പറയും രണ്ടായിരം തന്നെ വേദകാലം പോലെ വേണമെങ്കിൽ പറയാം അപ്പോ ശരീരത്തിൽ നിന്ന് വേറിട്ട് ഒരു സാധനമാണ് അതാണ് മൈൻഡ് അപ്പോ നമുക്ക് മൊത്തത്തിൽ രണ്ടായിട്ടില്ല ഒന്ന് മൈൻഡ് മറ്റൊന്ന് ശരീരം ഉൾപ്പെടെയുള്ള പ്രകൃതി ഇതാണ് മൈൻഡ് ഡുവാലിറ്റി ബോഡി മൈൻഡ് ഡുവാലിറ്റി എന്ന് പറയുന്നത് അപ്പോ അതൊന്നും നശിക്കത്തില്ല മൈൻഡ് സോൺ എന്ന് പറയുന്നത് ഞാൻ വ്യത്യാസം സർഗത്ത് പോയില്ല അത് ആ ബൈബിളിലെ പണ്ടത്തെ ആ വിശ്വാസമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് അവിടെ ഒരു വലിയൊരു ചോദ്യം വന്നു ഈ ചോദ്യം ത്തിനുത്തരം പറയുമ്പോൾ എല്ലാ ദാർശനികന്മാരും ഏറുക അത് ഭാരതത്തിലായാലും ശരി വിദേശത്തെയായി ശരി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണ് ബ്രെയിനിൽ നിന്നാണ് ബോധം ഉണ്ടാകുന്നതെന്ന് പറയുന്നതിന് തെളിവില്ല എന്റെ ശാസ്ത്രം തെളിയിച്ചിട്ടില്ല സർവസമ്മതമായി തെളിയിച്ചിട്ടില്ല അങ്ങനെ അഭിപ്രായങ്ങൾ പക്ഷെ ബ്രെയിനും ബോധവുമായിട്ടുള്ള ബന്ധം അതെല്ലാം പറയുകയും കോറിലേഷനും ഒരു പ്രധാനമായ ഒരു ഫിലോസഫിയിലൊരു സിദ്ധാന്തമാണ് കോ റിലേഷൻ ഡെസിൽ കാസേഷൻ രണ്ടു വസ്തുക്കളെങ്ങനെ പരസ്പര ബന്ധമുണ്ട് എന്ന് കരുതി അവർക്ക് പരസ്പരം കാര്യ ബന്ധമില്ല യാൻ പറ്റില്ല പരസ്പര ബന്ധങ്ങളാണ് ഇപ്പൊ ഞാനും നിങ്ങളും തമ്മില് പരസ്പര ബന്ധമുണ്ട് എന്ന് വിചാരിച്ചു നമ്മൾ കാര്യകാരണ ബന്ധമുണ്ടോ ഒരിക്കലും അതുപോലെ ഏതെങ്കിലും തരത്തിൽ പരസ്പര ബന്ധമുണ്ടായെന്ന് വിചാരിച്ച് കാര്യകാരണ ബന്ധം വരാൻ പറ്റില്ല അപ്പൊ ബ്രെയിനും ബോധവും തമ്മില് പരസ്പര ബന്ധമുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യകാരണ ബന്ധം ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രമല്ല ബ്രൈൻഡിൽ നിന്നാണ് ബോധമുണ്ടാകുക എന്നുള്ളതിന് കൃത്യമായ ഒബ്സർവേഷൻ എവിഡൻസ് കോടതിക്ക് സമക്ഷം ഹാജരാക്കാൻ ഒരു സാക്ഷ്യത്തിൽ കഴിയുന്നുണ്ട് പിന്നെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കുന്നു അത് വിശദീകരിക്കാനും കഴിയുന്നു എങ്ങനെ ഫിസിക്സിന്റെ നിയമങ്ങളനുസരിച്ച് അങ്ങോട്ട് വിശദീകരിക്കൻസ് ഞാൻ പറയുന്നു അതിലോട്ടത് വിശദീകരിക്കാൻ പറ്റുന്നു അതുകൊണ്ടെന്താ പറയുന്നത് ഈ ബോധത്തിന് സ്വതന്ത്രമായൊരു സത്തയുടെ വീഡിയോ പറയുന്നത് പക്ഷെ ബോധത്തിൽ സ്വതന്ത്രമായ ഒരു സത്യമുണ്ടെന്ന് പറയുമ്പം തന്നെ ആ ബോധം നമ്മൾ അദ്വൈദികൾ പറയുന്നത് പോലെ നിർഗുണമാണ് നിത്യമാണ് ശുദ്ധമാണ് ബുദ്ധമാണെന്ന് അവരങ്ങരിക്കുന്നു ഇവിടെ ഉണ്ട് അടുത്ത പ്രശ്നങ്ങൾ അദ്വൈദികൾ പറയുന്നു നിത്യശുദ്ധബുദ്ധമായ ഒരു ബോധം സ്വതന്ത്രമായി ഭൗതികത്തെ ആശ്രയിക്കുക നിലനിൽക്കുന്നുണ്ട് എങ്കിൽ എന്താണ് അവിടെ മറ്റൊരു സെക്കൻഡ് ഹാർഡ് പ്രോബ്ലം വരും എന്താണ് അങ്ങനെ നിർഗൂഢമായിരിക്കുന്ന ആ ബോധം പ്രപഞ്ചവുമായി ഒരു സംബന്ധമില്ലാത്ത ആ ബോധം എങ്ങനെ ബ്രെയിനിലൂടെ പുറത്തു അതെങ്ങനെ വരാൻ പറ്റില്ല കാരണം നോക്കുക ബൾബിലൂടെ പ്രകാശം പുറത്തു എന്തുകൊണ്ട് ആത്യന്തികമായി വൈദ്യുതി അത് മാറ്റാണ് ലൈറ്റ് അതും അത് തന്നെയാണ് അല്ലോരോ രൂപാന്തരങ്ങളാണ് എനർജി രൂപത്തിൽ അതിന് ഫിസിക്സിന് വിശദീകരണമാണ് അപ്പോ വൈദ്യുതി എന്ന് പറയുന്നത് ബൾബിനകത്ത് എന്താ സംഭവിക്കുന്നത് എലക്ട്രോൺസിന്റെ പോയ എനർജിയാണ് പ്രകാശം എന്ന് പറയുന്നത് എന്താണ് അതെ കൺവെർഷനാണ് രൂപാന്തരമാണ് അതിന്റെ എനർജിയാണ് അത് ഭൗതികത്തിനുടൻ സംഭവിക്കുന്ന കാര്യം യൂതാനന്ദനെ ഞാൻ എഴുതാൻ കാരണം പണ്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എങ്ങനെയാണോ ബൾബിന് പ്രകാശം വരുന്ന അതുപോലെ ബോധം നമ്മളുടെ കൂടെ പ്രകാശിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്വൈതത്തെ വിശദീകരിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റും ഞാനിപ്പോ അദ്വൈതാ വിശദീകരിക്കുന്നത് എന്താണ് വിശിഷ്ട അദ്വൈതം അപ്പോ അദ്വൈതത്തെ ചൊറിയാനൊരു അവസരം കിട്ടിയാൽ ഞാൻ വിടത്തില്ല അതുകൊണ്ട് നിങ്ങള് എന്താണ് എന്നോട് ദേഷ്യപ്പെട്ടത് അത് അന്തക്കാലം ഇതിന്ന്തൊക്കെ മനസ്സിലായത് അതിന്റെ ഒരു ഇൻകൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നിങ്ങൾ സംശയിച്ചത് വെറുതെ അതിന് സംശയിച്ചത് വിഷയം മാറുമ്പോൾ ഇതെല്ലാം മാറും അത് വിജയിക്കത്തില്ല എന്തുകൊണ്ട് എനർജി എന്ന് പറയുന്നത് ഭൗതികമാണ് ബൾബ് ഭൗതികമാണ് പ്രകാശം ഭൗതികമാണ് ഇതിന് മാറ്റങ്ങൾ സംഭവിക്കാം പക്ഷെ ബോധം ഭൗതികമല്ല കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് നിർഗുണമാണ് ബ്രെയിനും കോൺഷ്യസ്നസ്സുമായിട്ടുള്ള സംബന്ധം സർവരും അംഗീകരിക്കുന്നതാണ് കോറിലേഷൻ അതിൽ ആർക്കും അഭിപ്രായം ബ്രെയിനില്ലാത്ത ബോധം ആർക്ക് സങ്കല്പിക്കാനേ പറ്റുന്നു ഒരുത്തർക്ക് ും ബ്രെയില്ല നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും സ്തബ്ധമായാലും ശരി നമ്മുടെ ബ്രെയിൻ മാത്രം പ്രവർത്തിച്ചോണ്ടിരുന്ന ഒരു നമുക്ക് ബ്രെയിനിനെ പ്രവർത്തിപ്പിക്കുന്നു ബോധം ഉണ്ടായിക്കൊണ്ടേ നല്ല ബോധം ഒരു പ്രശ്നമത് നമ്മള് ചുണ്ടനങ്ങണ്ട കണ്ണ് ചലിക്കണ്ട ചെവി കേൾക്കണ്ട ബ്രെയിന് ആവശ്യത്തിനുള്ള ബ്ലഡ് സപ്ലൈ ചെയ്താൽ മാത്രം ശരീരം ചലിക്കേണ്ട നിശ്ചിതമായ ബ്രെയിൻ പ്രവൃത്തി കൊണ്ട ബോധമുണ്ട് ആ കാര്യത്തിൽ ആർഗസംശയമുള്ള കാര്യമാണ് ബ്രെയിനിൽ സപ്ലൈ ചെയ്യാൻ വലിയ ഹൃദയം ഒന്ന് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്രയുടെ ആവശ്യമാണ് പിന്നെ അതവിടെ ബ്ലഡ് അവിടെ എത്താനുള്ള പരിപാടികളൊക്കെ പിന്നെ ബ്ലഡ് ശരീരത്തിൽ ഉണ്ടാക്കുന്നതിനുള്ള ചെറിയ മെക്കാനിസം അത്യാവശ്യം വേണ്ട അതെല്ലാം വേണം കേട്ടോ അതെല്ലാം ഇന്ന് കൃത്രിമമായിട്ട് മനുഷ്യനുണ്ടാക്കാൻ കഴിയും ബ്രെയിന് ഏഴ് വെച്ചില്ലെങ്കിൽ ബോധമുണ്ടോ അപ്പൊ ബ്രെയിലും ബോധമൊന്നും കൊണ്ടുള്ള ആ ബന്ധം ആ ബന്ധം എന്ന് പറയുന്നത് തർക്കമറ്റ സംഗതിയാണ് പക്ഷെ ബ്രെയിൻ ബോധത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം തെളിയിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതാണ് ഹാർഡ് പ്രോബ്ലം അപ്പോ നമ്മുടെ ഈ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അഹംബോധം ഇതിന് ബ്രെയിനിന്റെ സഹായം വേണം എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്നു അംഗീകരിക്കാത്ത ജാഗ്രതത്തിലായാലും സ്വപ്നത്തിലായാലും എന്തിനു സുഷുപ്തി പോലും ബ്രെയിൻ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്നു പ്രാണി ചോദ്യം വരുന്നത് നിർഗുണമായിരിക്കും നിരാകാരമായിരിക്കുന്ന ആ എങ്ങനെ ഈ ബ്രെയിനോടൊപ്പം കാരണം ഇതുകൊണ്ടൊരു ബന്ധമില്ലല്ലോ ഇതിനുഖാർത്തി പറഞ്ഞത് മൈൻഡ് ബോഡി പ്രോബ്ലം ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നു അത് അന്ന് മൈൻഡെന്ന് പറഞ്ഞേയുള്ളൂ മൈൻഡെന്ന് പറഞ്ഞാൽ തന്നെ ഈ പ്രോബ്ലം ഉണ്ട് അപ്പൊ പിന്നെ നിർഗുണ അപരോക്ഷ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലം അതിന് ശക്തമായി നിന്നാണ് ഇതെങ്ങനെ പരിഹരിക്കും ഈ പ്രബ്ലത്തിൽ ശങ്കരാചര്ക്കും പോകുന്നത് കൊണ്ടാല് അറിയാത്തയാളല്ല ഇതെങ്ങനെയാ പരിഹരിക്കുന്നത് നിർഗുണമായ പക്ഷെ ബ്രെയിനിനെ കുറിച്ച് അറിവില്ല നിർഗുണമായിരിക്കുന്ന ഈ ചെയ്തിന് ഇങ്ങനെ മനസ്സിൽ എങ്ങനെ ശരീരത്തിൽ വരുത് രണ്ടും പരസ്പര വിരുദ്ധ സ്വഭാവമാണ് അതും ചങ്കരാചാരം ചെയ്തു അധ്യാസത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ചോദ്യങ്ങൾ ചോദിച്ചു ചോദിച്ചു പറഞ്ഞു എന്ത് പറയും എന്താ പറയും അതറിയത്തില്ല പറയാൻ പറ്റത്തില്ല എന്നിടത്ത് അവസാനം എത്തിച്ച്വൈതികൾ അതിനെ വിശദീകരിക്കും കൂടുതൽ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവസാനം അനാദി എന്ന് അനാദി എന്ന് ഉടനെ അറിയില്ല പിന്നെ മനുഷ്യർ ഓരോ വിശ്വാസങ്ങൾ മുമ്പോട്ട് പോകാം അദ്വൈന വിഭിക്കും അദ്വൈതത്തെ വിശ്വസിക്കാം അദ്വൈര്യം ദ്വൈദത്തെ വിശ്വസിക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടം താൽപ്പര്യം എന്താ പറയാ നമുക്ക് നമ്മൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം നമുക്ക് ഇഷ്ടമുള്ള പ്രചരിപ്പിക്കാം അതൊക്കെ മറ്റൊരു കാര്യമാണ് അതൊക്കെ മനുഷ്യാവകാശ പ്രശ്നങ്ങളാണ് അതിന് ദർശനങ്ങളുമായിട്ട് നേരത്തെ പ്രശ്നം ഇത് ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം ദർശനങ്ങളെല്ലാം പ്രായോഗിക തലത്തിൽ ഇതെല്ലാം മനുഷ്യന്റെ ജീവന ഉപാധികളായി മാറും സമൂഹത്തിൽ ഏർത്തല്ല എന്തായി മാറുന്നു ജീവനും ഉപാധികമായി സമൂഹത്തിൽ എന്തിനും പ്രചരിക്കുമല്ലോ പോയിന്റ് എഴുതിയപ്പോ എന്നെ അടിക്കാണോ വടിയാണ് നോട്ട് ചെയ്ത് അത് നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്നാണ് വെറൈത വരുന്നതെങ്കിൽ ഇത് രണ്ടു നിൽക്കുന്ന ഇന്തരാക്ഷം ഇങ്ങനെ സംഭവിക്കും യാതൊരു ബന്ധുമില്ലാത്ത നിർഗുണ ചെയ്തിന് എങ്ങനെ ഈ ശരീരത്തിൽ അത് ദുഃഖാർത്തിയോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് പറയുന്നവരാണ് ബോഡി മെയിൻ്റെ പ്രോബ്ലം ദുഃഖാർത്തിയെ പറഞ്ഞു എന്താണോ ചങ്കൂറ്റം കൊണ്ട് രാമായണം വായിക്കുക എന്ന് അത് അത്യന്തം പരസ്പരവിരുദ്ധമാണ് സമ്മതിക്കും പക്ഷെ അത് പ്രവർത്തിക്കും എങ്ങനെ അത് പ്രവർത്തിക്കും അങ്ങനെ എങ്ങനെ പ്രവർത്തിക്കുക പ്രവർത്തിക്കുന്നു ഉത്തരം പറയാൻ പറ്റില്ല കൃത്യമായൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ പ്രവർത്തിക്കുന്നു ദാർശനികന്മാരൊക്കെ പറയുക നമ്മുടെ സിദ്ധാന്തമാണ് എന്തുകൊണ്ട് നമ്മുടെ ശ്രുതി പറഞ്ഞു ശ്രുതി എന്ന് പറഞ്ഞ് ബ്രഹ്മ നിർഗുണപര ബ്രഹ്മശ്ശുതി പറഞ്ഞു തീർന്നിട്ടുണ്ട് ഇതിന് വളരെ വ്യക്തവും എന്താണ് അവസാനം അറിയില്ല എന്ന തരത്തിൽ എത്തിച്ചേരാത്തൊരു ഉത്തരം ഞാൻ അവിടെ നിന്നും ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരിക എനിക്ക് സന്തോഷം അനാദി എന്ന് പറഞ്ഞാൽ പറ്റില്ല അനാദി എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നേ ഒന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല ചങ്കരാ അധ്യാസം എന്ന് പറഞ്ഞപ്പോ അറിവിന്റെ പിൽക്കാലത്ത് ശിഷ്യന്മാരുടെ വലിയ തർക്കത്തിന് വഴിയിലടിച്ചു അധ്യാസമാണോ അജ്ഞാനം അത് മായ അത് തന്നെയാണോ അവർക്ക് ഇരണ്ടും ഒന്നാണ് ഇരണ്ടും പലതാണോ ഒന്നായ പ്രശ്നം പലതായ പ്രശ്നം പലവിധ പ്രശ്നങ്ങളാണ് പഠിക്കാത്തവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടാൽ അവർക്ക് സംശയമുണ്ടാകുന്നില്ല മനസ്സിലായോ നിങ്ങൾ കൂടുതലും പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരെന്തുകൊണ്ട് സംശയമില്ല ഇഷ്ടാദ്വൈതത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ പറയുന്നു അദ്വൈതത്തിന് ഞാനൊന്നും പറഞ്ഞില്ലേ അതുകൊണ്ട് അപ്പോ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് നിർഗുണമായ ആ പരമാത്മാവ് എങ്ങനെ വിഷയങ്ങൾ ഗ്രഹിക്കും എന്നുള്ളതിന് അതിനെ അദ്വൈതിക അതായത് മനസ്സനുസരിച്ചൊടി വ്യാഖ്യാനിക്കുകയാണ് ഒരു സാക്ഷി പിന്നെ ഒരു പ്രമാതാവ് അതില് സാക്ഷി നമ്മുടെ ഉള്ളിലുള്ള എല്ലാം അറിയുന്നു ഉള്ളിലൊന്നും ഉള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ മനസ്സും മനസ്സിന്റെ കാര്യം പ്രമാതാവും പുറമേയുള്ള എല്ലാം അറിയുന്നു അത് വിശദീകരിക്കുന്നതിനാണ് എന്ന് പറയുന്ന അതില് വൃത്തി പുറത്തുപോയി അവിടത്തെ അജ്ഞാനം നശിപ്പിക്കുന്നു ആ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന വൃത്തിയാണോ അതെ അജ്ഞാനമാണോ അതിലും തർക്കം ഉണ്ടാക്കുകയും പലരും അതായത് ഭാഷ്യ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും ഞാൻ ഈ ഇത്തരം കുനഷ്ഠകളൊന്നും എടുത്തേ കാരണം ഭാഷകാലം പറഞ്ഞിരിക്കുന്ന എന്താണ് അതിനെക്കുറിച്ച് കൃത്യമായി നമുക്ക് ബോധ്യമുണ്ടാകുക അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിക്കുള്ളൂ അല്ല ഇതൊക്കെ ചർച്ച ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പുരത്തും പിടിയും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ച് അതുകൊണ്ടാണ് ചർച്ച ചെയ്യാം അവിടെ മനസ്സോസർ ചെയ്തു ഭാഷകാരൻ അതിലേക്കൊന്നും പോകാത്തതുകൊണ്ട് ഭാഷ്യകാരന്റെ ആശയം എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം നമ്മുടെ വ്യക്തത എന്ന് പറയുന്ന എന്തിലാണ് ഭാഷ്യകാരന്റെ ആശയത്തിലുള്ള വ്യക്തതയാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഭാഷ്യകാരൻ എന്തു പറഞ്ഞു എന്നുള്ളതിലാണ് ഒരാൾ വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നത് എന്നു വെച്ചാൽ നിങ്ങൾ കണക്കാണ് പഠിക്കാൻ വേണ്ടി മാത്തമെറ്റിക്സാണ് നിങ്ങൾ വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നത് എന്താണ് മാത്തമെറ്റിക്സിൽ എന്താണ് പറയുന്നത് കാൽക്കുലസ് ആണ് പഠിക്കുന്നതെങ്കിൽ കാൽക്കുലസിന് എന്ത് വ്യക്തത വരും ട്രിഗ്നോമെട്രി ആണെങ്കിൽ അതിലെന്ത് വ്യക്തത ജോമെട്രി ആണെങ്കിൽ അതിലെന്താണ് ആ വ്യക്തതയാണ് നമ്മൾ ഒരു വിഷയം പഠിക്കുമ്പോൾ അതിൽ അതിലാണ് വ്യക്തത ഉണ്ടാകുന്നത് അതിലെന്തുകൾ ഭാഷ്യം പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യക്തത എന്ന് പറയുന്ന ഭാഷ്യത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ള വ്യക്തമാണ് ആ വ്യക്തത പരമാവധി ഉണ്ടാക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്റെ കഴിവിനനുസരിച്ച് അത് സാധിച്ചിട്ടുള്ളൂ അതിനപ്പുറം സാധിക്കില്ലല്ല ഇവിടെ ഇപ്പൊ അക്കാര്യത്തെ കുറിച്ച് അല്ല പറ ഇവിടെ പറയുന്നത് രാമാനുജാചാര്യർ ഈ വിഷയത്തെങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അദ്വൈതികൾ ഇതിനെ പിന്നീടയിലേക്ക് നോക്കി കണ്ടു എന്നുള്ള കാര്യം കൂടെ പറയും ഇതെല്ലാം നമ്മള് അറിഞ്ഞിരിക്കണം ദർശനങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല വിശ്വാസികൾക്ക ബുദ്ധിമുട്ടുണ്ടാകും അത് ശരിയാണ് കാരണം ദർശനത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മളെ ദർശനത്തെ അറിയുകയാണ് വിശ്വസിക്കുക ഓരോ ദർശനം വിശ്വാസിയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്നിനെ വിശ്വസിച്ച് വേറെ എങ്കിൽ പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസം തുടങ്ങും അദ്വൈതത്തെ വിശ്വസിച്ചവൻ ഇട്ട വരുമ്പോൾ അവന്റെ വിശ്വാസം എന്താണെന്ന് പറയുമ്പോൾ ഈ സ്വാമി ഞങ്ങളെ ആവശ്യമുണ്ടാകും കൺഫ്യൂഷൻ ഉണ്ടാകും ഞങ്ങളെല്ലാം നല്ല അദ്വൈതികളായിരുന്നാണ് ഇപ്പോൾ അതും പോയി ഇതും പോയി ഇത് വിശ്വാസത്തിന്റെ വിഷയം ദർശനങ്ങൾ എന്ന് അറിവിന്റെ വിഷയം അറിയുക മനസ്സിലാക്കുക ഈശ്വര വിശ്വാസിയായി അത് മറ്റൊരു മറ്റൊരു കാര്യമാണ് അവിടെ നമുക്ക് വിശ്വാസം നിലനിർത്തി തന്നെ ജീവിക്കാം അത് മാറ്റണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ല പക്ഷെ അറിവിന് വരുമ്പോ അതല്ലേ അദ്ദേഹത്തിൽ വരുമ്പോ ഈശ്വരനെയും ക്ഷേമിക്കും എന്തുകൊണ്ട് അതറിവാണ് അവിടെ വിശ്വസിക്കാന്ന് പറയുന്ന ഈശ്വരനെ കുറിച്ചല്ല നിങ്ങളോട് പറയുന്ന അറിയേണ്ട ഈശ്വരനെ എല്ലാം ഇങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കി ആശയപ്പെടുത്തണമെന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല നിങ്ങളെ ഞാൻ വഴുതിയെത്തിച്ചിട്ടൊന്നുമില്ല കാര്യങ്ങൾ എന്താണോ വ്യക്തമാക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കും പക്ഷെ അത് മനസ്സിലാക്കാൻ കോമൺ സെൻസുമാണ് അതുകൊണ്ട് മനസ്സിലാക്കാം അപ്പൊ മസൂദി സെൻസയുടെ അഭിപ്രായം അതാ ഞാൻ നോക്കുന്ന മസൂദി സെൻസ് വിശദീകരിക്കുന്നു അതും ഇതിന്റെ ഈ പദ്യത്തിന്റെ വ്യാഖ്യാനിക്ക് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇതിവിടെയല്ല എനിക്ക് എങ്ങനെയാണെന്ന് കുറിച്ചറിയാം അതുവഴി സുരസ്തു ചെയ്തി മലയാളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടില്ല സംസ്കൃതത്തിലോ അതും തർക്കഭാഷയാണ് സാധാരണക്കാരനും മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഇനി അടുത്തതിലേക്ക് പോവാം അടുത്തതിലേക്ക് പോവാ സമയം യുദ്ധത്തെ കുറിച്ച് അർക്കം കൂടെ പറയാം യുദ്ധമാണെങ്കിലും ആൾക്കാർക്ക് പ്രശ്നമാകും യുദ്ധം കളയണം യുദ്ധം വേണ്ട ഏത് ദിവ്യഗ്രന്ഥത്തിൽ പറഞ്ഞതിനാൽ ശരി ഇനിയുള്ള കാലത്തിലേക്ക് യുദ്ധം നല്ല ലോകത്ത് സംഘർഷം നടക്കുന്നുണ്ട് യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും ലോക മനസ്സാക്ഷി എന്ന് പറയുന്നത് മാനവ മനസ്സാക്ഷി അത് യുദ്ധത്തിനെതിരായി ചെയ്യും എന്തുകൊണ്ട് യുദ്ധത്തിന്റെ വേദന നമ്മൾ അനുഭവിക്കുന്ന ഇതിനും അനുഭവിക്കുന്നവരെക്കുറിച്ച് നമ്മൾ അറിയുന്നു അതിന് പ്രത്യേകിച്ച് എന്താണ് പ്രതിരോധിക്കുന്നവരെന്നോ ആക്രമിക്കുന്നവരെന്നോ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും അവന്റെ വേദന അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തിനാ ഈ യുദ്ധം ചെയ്യുന്നവർക്ക് നിർത്തണമെന്നാഗ്രഹം ശരി പക്ഷേ പ്രശ്നം എന്താണെന്ന് അവർക്ക് നിർത്താൻ പറ്റുന്നില്ല യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത അതാണ് തുടങ്ങിയാൽ നിർത്താൻ പറ്റുന്നില്ല യുദ്ധത്തിന്റെ ഒരു വിശേഷം അങ്ങനെ ആഗ്രഹിച്ചു പോയാൽ കാരണം എല്ലാവർക്കും മനസാക്ഷി ഉണ്ടല്ലോ അവർക്കും തോന്നും എന്തിനാ ഇതിങ്ങനെ ചെയ്തത് അതാണ് ഇവരുടെ ഇടയ്ക്കിടയ്ക്ക് ചർച്ചകൾ നടത്തുന്നത് ഇത് അവസാനിപ്പിക്കാൻ തന്നെ വഴിയുണ്ട് പക്ഷെ ഒരു ധാരണ എത്തിച്ചേരാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെ അഹംദി അവാജയും വൈരാഗും മറ്റു രാഷ്ട്രീയ പ്രശ്നങ്ങളും പലതും വരും മുന്ന യുദ്ധം ഇനി ഇപ്പോഴത്തേക്കോ ഇനിയുള്ള കാലത്തേക്കോ വേണ്ടതല്ല യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ് അതുകൊണ്ടിങ്ങൂടെ യുദ്ധം ചെയ്യാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ദിവ്യമായ ഒരു ഗ്രന്ഥമാണെന്ന് നമ്മളിന്നും യുദ്ധം ചെയ്യണം എന്നുള്ള വാശി പിടിക്കുന്നതിന് യാതൊരു ആവശ്യവും യുദ്ധത്തെ ഇത് ആ സംബന്ധമാണെന്ന് ഞാൻ പറഞ്ഞാലും പലരും എന്നെ വിമർശിക്കും വീതി പറഞ്ഞത് പറയാൻ ഇയാൾ അത് ഇവിടെ പോയി അങ്ങനെ ഒരു ഒരു മനസ്സുണ്ട് കണ്ടിരിക്കെ ഇവിടുത്തെ ഒരു സ്വാമിയോ കാവ്യം ഇവിടുത്തെ ഒരാളോട് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓടും പറഞ്ഞു ഞാൻ ചോദിച്ച് അമ്മ പറയുന്നുണ്ടല്ലോ പ്രേമമാണ് എന്റെ മതമുണ്ട് പ്രേമത്തിൽ യുദ്ധമുണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് പോകും അപ്പൊ ഈ സ്വാമി എന്നോട് പറഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നെ വർഷിക്കുന്നതിന് വല്ല അർത്ഥവും അതിലെന്തെങ്കിലും അത്ഭുതപ്പെടാനോ അമ്മ പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കില്ല ഞങ്ങൾക്ക് യുദ്ധം വേണം അപ്പോ അമ്മ പറഞ്ഞാലും നിങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ടോ എന്റെ മുൻപുന്നുണ്ടോ ഉണ്ടോ പറയാം അത് പറയാൻ പോലും ഡൈല്ല അങ്ങനെയാണെങ്കിൽ യുദ്ധത്തെ നമുക്ക് താഴ്വലിക്കാൻ പറ്റത്തില്ല എല്ലാവരും അംഗീകരിക്കുന്നു വീതി ഇതൊക്കെ കഴിഞ്ഞു വെച്ചിരിക്കുന്നത് ശരിയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം ഞാൻ എന്നെ പറയണം ബുദ്ധൻ അഹിംസയെക്കുറിച്ച് പറഞ്ഞു ബുദ്ധന്റെ അംസ എന്ന് പറയുന്നത് അദ്ദേഹം അത് ഉപദേശിച്ച കാലഘട്ടത്തിന് ശരിയായിക്കാലത്തും അത് ശരിയായി ഇന്നും അതാണ് ശരി ഭാവിയിലേക്ക് അതായിരിക്കും ശരി എന്ത് അഹിംസ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഇദ്ദേഹം തന്നെ വിദേശത്തെ വേദികളിലൊക്കെ പോകുമ്പോൾ ഇപ്പൊ യു വേദി പോയാലും ശരി യു എസ് പോയാലും ശരി ഉക്രൈനിൽ പോയാലും ശരി അവിടെയൊക്കെ ചെന്നിട്ട് പറയുന്നത് എന്താ ഞാൻ വരുന്ന ബുദ്ധന്റെ നാട്ടിൽ നിന്നാണ് ഞങ്ങൾ അഹിംസയുടെ ആൾക്കാരാണ് ഏറ്റവും നല്ല കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് ലോകത്തിന് മുമ്പ് പോയിട്ട് ഞാൻ വസിഷ്ഠന്റെ നാട്ടിൽ നിന്നല്ല വരുന്നതെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല ബുദ്ധന്റെ നാട്ടിൽ നിന്ന് വരുന്നു എന്തുകൊണ്ട് പറയും ലോകം അംഗീകരിക്കുന്നത് അഹിംസയാണ് ബുദ്ധനെയാണ് യുദ്ധത്തെയല്ല അപ്പൊ ലോകത്തിന്റെ മുമ്പിന്റെ അംഗീകാരം കിട്ടണമെങ്കിൽ ഇത് പറഞ്ഞേ പറ്റൂ എന്തുകൊണ്ടവിടെ യുദ്ധമാണ് എന്ന് പറയാതെ ബുദ്ധനെന്തിനു പറയാം എത്രയോ മഹാത്മാക്കൾ ഒക്കെ ഉണ്ടായിരുന്നു അവരാരും പറയാത്ത ബുദ്ധനെ എന്തുകൊണ്ട് പറയുന്നു കാരണം അഹിംസയ്ക്ക് പ്രാധാന്യം കൊടുത്ത ബുദ്ധനാണ് അത് പറഞ്ഞേ ഇനിയുള്ള കാലഘട്ടം ഇല്ലെങ്കിൽ എന്ത് വരുന്നത് ലോകത്തിന്റെ അംഗീകാരം കിട്ടും ഇവ യുദ്ധം ചെയ്ത പൊട്ടിനെ അന്താരാഷ്ട്ര കോടതി വിധിച്ചിരിക്കുകയാണ് പിന്നെ ഇന്ത്യയുടെ ശക്തിയും രാഷ്ട്രീയവും കൊണ്ട് അങ്ങനെയൊക്കെ അതിജീവിക്കുന്നത് മറ്റൊരു കാര്യം പക്ഷെ സമൂഹം അങ്ങനെ ചിന്തിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ പറയുന്നത് അത് ഞാൻ എടുത്തു പറയുന്ന കാര്യത്തിൽ മറ്റൊരു കാര്യം കാരണം ഇവിടെ ഇന്ത്യയിൽ വളരെ പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു നരേഷൻ ബുദ്ധന്റെ അഹിംസയാണ് ഇന്ത്യ വിദേശാധിപത്യത്തിന് ഇന്ത്യയിൽ അതിന് കാരണമായത് എന്ന് വളരെ വ്യാപകമായൊരു പ്രചാരമാണ് അതിനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഏത് ചരിത്ര പുസ്തകം ഇന്ത്യൻ ചരിത്രം ഒന്ന് ഏത് ആ ഏത് വസ്തം പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ പോലെ എന്റെ അടുത്ത് അത് പറയാൻ പറഞ്ഞാൽ പറ്റില്ല ആ ഏത് ക്ലാസ്സില് ഏത് പടം ഞാൻ ഏതില് എട്ടില് എട്ടിലെ ചരിത്ര പുസ്തകത്തിലാണ് എട്ടിലെ ചരിത്ര പുസ്തകത്തിലൊക്കെ സാമൂഹ്യ പടം എന്നാ പറയുന്നു എട്ടില് ഇന്ത്യാ ചരിത്രം ഞാൻ പഠിച്ച സാമൂഹ്യ പഠമാണ് അതിൽ ഇല്ല എന്ന് എനിക്ക് പരിശോധിക്കാ പറയാൻ പറ്റില്ല പക്ഷെ ഞാൻ നാളെ പറഞ്ഞുതരാം അതായത് ഇന്റർനെറ്റ് ആർക്കിവിസം എന്ന് പറയുന്ന ആർക്കിവിസ് ഇത് നമ്മുടെ എല്ലാ പഴയ പാഠ പുസ്തകങ്ങളും കിടപ്പുണ്ട് ഞാൻ നോക്കിയിട്ട് പറയാം പിന്നെ നാളെ മാറ്റി പറയരുത് അതായത് ഇന്ത്യയുടെ ചരിത്ര പുസ്തകങ്ങളിൽ അത് വന്നത് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു പറയാൻ ഉദ്ദേശിച്ച കാര്യമില്ല ഇതാദ്യമായി ഇത് ഇതിന് പ്രചാരം കൊടുത്തിയൾ സവർക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അദ്ദേഹം എഴുതി എന്ന് കരുതുന്ന രത്നഗിരി ജയിലിൽ കിടന്നുകൊണ്ട് എഴുതിയ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടുമ്പഴുക ഒരു പുസ്തകം സിക്സ് ഗ്ലോറിയസ് എപ്പോസ്റ്റ് വളരെ പ്രസിദ്ധമായ ഒരു യോന്ന് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് പ്രസിദ്ധീകരിച്ചത് അത് വളരെ ശക്തമായി കാര്യത്തിന് വേണ്ടി വാദിക്കുന്നത് ഇതാണ് ഇങ്ങനെ ഒരു നരേഷൻ സൃഷ്ടിച്ചെടുത്തത് പിന്നെ ഇത് വായിക്കുന്നതല്ല ഇത്തരം ബുക്കുകളൊക്കെ പക്ഷേ ഇതിനൊക്കെ മറുവായനുണ്ട് അതുകൂടെ മറുവായും അവിടെ നിർത്തി കളയരുത് മനസ്സിലാണ് ചരിത്രം അങ്ങനെ ചരിത്രം ഇപ്പോഴും വിവാദപരമായി അത് ഏകപക്ഷീയമായിട്ട് വായിച്ചു പോകരുത് ഇതിനെക്കുറിച്ച് മറുഭാഗത്തു നിന്ന് ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അഹിംസ ദുർബലപ്പെടുത്തിയതുകൊണ്ടാണ് വിദേശാധിപത്യത്തിന് കീഴിലായി എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല അതറിയണമെങ്കിൽ ഇത് മാത്രം നോക്കിയാൽ പോരാ മറ്റു വായനാളും ഇതൊക്കെ പറയുന്നത് സവർക്കറാണ് മനസ്സിലായത് സവർക്കറാണ് ഈ അശോകന്റെ കാലം പറയുന്നതും പുഷ്യമിത്രന്റെ കാലഘട്ടത്തിൽ ബുദ്ധഭിക്ഷുക്കളെ കൊന്നത് ആണ് ഏറ്റവും നല്ലതെന്നും കനുഷ്കൻ ഇന്ത്യയുടെ അതിർത്തി കടന്ന് എന്താണ് ചൈനയിൽ പോയി സാമ്രാജ്യം സ്ഥാപിച്ചിട്ടും കനുഷ്കൻ ബുദ്ധവിശ്വാസിയായതുകൊണ്ട് ശരിയായില്ല എന്നൊക്കെ പറയുന്നതും എന്നും സവർക്കറിന്റെ ഗ്രന്ഥത്തിലുണ്ട് ഞാനിത്രയും ഓർമ്മിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ബുക്കുകളൊക്കെ വായിച്ചിട്ട് ഞാൻ ഈ കാക്കി നിക്കറിട്ട് തടയിൽ കറുത്ത തൊപ്പിയുള്ളവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളാരും ജനിച്ചിട്ടുകൂടി മനസ്സിലായി അത് രഹസ്യമായ കൈ പക്ഷേ അവിടെ ഞാൻ നിർത്തിയില്ല മറുവായന ഒരു സ്വഭാവമാണ് ഏതു വിഷയത്തിനും ഏത് വിഷയത്തിനും അത് വരുമ്പോ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും വ്യക്തത വരും ഞാൻ സവർക്കറെ പൂർണമായും എല്ലാ കാര്യത്തിലും നിഷേധിക്കുന്ന കാര്യമല്ല സവർക്കർ ഒരു കാര്യം പറഞ്ഞു ഞാൻ സോമനാഥ ക്ഷേത്രത്തിനകത്തിരിക്കുന്നത് എന്താണ് വെറും കല്ലാണ് എന്തുകൊണ്ട് എത്രയോ തവണ ഗസരി ഇവിടെ വന്ന് ആക്രമണം നടത്തിയിട്ടും ദൈവമായിരുന്നു ഈ രക്ഷിച്ചതിനു സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ഒരു കല്ലിനെങ്ങനെ ദൈവമൊന്നും വിളിക്കുക അതിനെന്തിനെ ആരാധിക്കണം എന്തൊരു ചോദ്യം ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് അവിടെ സവർക്കറെ തള്ളിക്കളയാൻ പറ്റത്തില്ലെന്ന് പറയും മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഈ പശു എന്ന് പറയുന്ന എന്താണ് നിരപദ്രവകാരിയായ ഒരു മൃഗത്തെ ഹിന്ദുക്കൾ ആരാധിക്കരുത് ആരാധിക്കുന്നെങ്കിൽ സിംഹത്തെ ആരാധിക്കുന്നു മനസിലായ അതിന്റെ മൂത്രം ദേഹത്തെ തള്ളിച്ചെത്തി ശുദ്ധിയാകുന്നുവെന്ന് വിചാരിക്കുന്നത് ും പ്രാകൃതമായി ഇന്ത്യ ഇന്നൊക്കെ സവർത്തർ എഴുതി വെച്ചിട്ടുണ്ട് നിരവധി പ്രസംഗങ്ങളും ലേഖനങ്ങളൊക്കെ എന്റെ ഞെട്ടിൽ കിട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അദ്ദേഹം മരിക്കുന്നത് വരെ മരിക്കുന്നതിനു കുറച്ച് കാലം നമുക്ക് ഒരു നിരന്തരം നിരവധി പുസ്തകങ്ങൾ പ്രസംഗിച്ചു പക്ഷെ പല കാര്യത്തോടെ നമുക്ക് യോജിക്കാൻ പറ്റില്ല കാരണം പരസ്യമായി ഇറ്റലിയിലെ ഫാസ്യസത്തെയും ജർമനിയിലെ നാസിസത്തെയും പിന്തുണച്ചയാളാണ് അതൊന്നും ഒരിക്കലും എന്താണ് ബോധമുള്ള ഒരാൾക്ക് അതും അംഗീകരിക്കാൻ പറ്റത്തില്ല അത്തരം കാഴ്ചപ്പാട് ഹെല്ലറെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ പരസ്യമായി പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ജർമ്മനിയിൽ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലും ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരാളോട് നമുക്ക് പത്രങ്ങളിൽ അടിച്ചു വന്നിട്ടുണ്ട് അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാരെ ചൊറിഞ്ഞ് മാന്തി ശരിയാക്കിക്കളെ എന്നും പറയുന്ന ആൾക്കാർ ഇഷ്ടപ്പെടത്തില്ലല്ലോ അതിന് പല വശങ്ങളുണ്ട് ഹിന്ദുത്വ എന്ന് പറയുന്നൊരാശയം തന്നെ കൊണ്ടുവരുന്ന സുഹൃത്തുക്ക ഓ അറുത പോട്ടെ അപ്പോ ഈ അഹിംസ എന്ന് പറയുന്നത് ആണ് ഇന്ത്യയിലെല്ലാം ആശയം ചെയ്തതെന്ന് പറഞ്ഞിട്ട് അതേ ഹിന്ദുത്വ എന്ന് പറയുന്ന മുറുകെ പിടിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു ബുദ്ധൻ അന്ന് ശരിയാണ് ഞാൻ ബുദ്ധന്റെ ആളാണ് ഞാൻ ബുദ്ധന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് കാലന്മാർ തള്ളിക്കളയണ്ടെന്നും തള്ളിക്കളയ സവർക്കറ് നാസിസത്തെ പിന്തുണച്ചു എന്ന് പറഞ്ഞു ഇന്നാർക്കും അതിനെ പിന്തുണയ്ക്കാൻ പറ്റത്തില്ല സവർക്കർ കല്ലിനെ ആരാധിക്കില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കല്ലിനെ പറ്റില്ല സമതാ ക്ഷേത്രത്തിൽ പോയി ഞാനും തൊഴിലിട്ടുണ്ട് അപ്പോ കാലം മാറുമ്പോൾ പലതും നമുക്ക് തള്ളിക്കളയേണ്ടി വരും പോയിന്റുകൾ ഓൺലൈനിൽ കേൾക്കുന്നവരും നോട്ട് ചെയ്തുതുകൊണ്ട് ഇതൊക്കെ മനസ്സിലായി ഒരുപാട് ഒന്ന് ഞാൻ തന്നിട്ടുണ്ട് അപ്പൊ അതിന് എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അതിന് ആ ഒരു കാഴ്ചപ്പാടല്ല സ്വീകരിച്ചു ഞാൻ ബുദ്ധന്റെ നാട്ടിൽ നിന്ന് വരുന്നു എന്ന അഭിമാനത്തോടുകൂടി പറയുകയും അഹിംസയാണ് ലോകത്തിന് വേണ്ടതെന്ന് പറയുകയും ചെയ്യുമ്പോൾ അപ്പൊ പൂർണ്ണമായും സൗഹൃദ തള്ളി പിന്നെ അതൊന്നും എടുത്തു പറയുന്നില്ല അത് പറയാൻ പറ്റില്ല ഒരാശയം അതുകൊണ്ട് എന്റെ അഭിപ്രായം ഞാന് ആദ്യം ഗീതവൈജ്ഞാനം ഒരാളോ എന്നോട് ചോദിച്ചു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അണുഭാഷ്യക്കാരുടെ അഭിപ്രായം പറയുമ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് സ്വാമിയുടെ അഭിപ്രായം കൂടെ പറയുന്നു ഞാൻ അന്ന് സ്വാമിയുടെ അഭിപ്രായം എന്റെ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ ഞാനിന്നിവിടെ ഒരു സംശയം അപ്പോ എന്തായാലും നിങ്ങൾ ഈ പറയുന്നതിനെ അംഗീകരിക്കുന്നുണ്ട് എന്താണ് അമ്മ പറയുന്നതിന് നിങ്ങൾ അംഗീകരിക്കുന്നുള്ളത് പ്രേമമാണ് എന്റെ മതം എന്ന് പറയുന്നത് നിങ്ങളത് രാഷ്ട്രീയമല്ല സത്യസന്ധമായൊരു അഭിപ്രായമാണെന്ന് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ യുദ്ധത്തെ തള്ളികളെയാണ് വീരയിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ തള്ളിക്കളയേണ്ടി വരും രണ്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്